ദൈവത്തിനു നാമം മഹത്വപ്പെടുമാറാകട്ടെ ആഴ്ചയുടെ ആദ്യത്തെ ദിവസം വീണ്ടും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് ഒന്നിച്ചായിരിക്കാൻ ദൈവം അവസരം തന്നല്ലോ പ്രിയപ്പെട്ടവരെ നമ്മളെ കുഞ്ഞുങ്ങളുടെ വാക്യങ്ങളൊക്കെ കേൾക്കുകയായിരുന്നു അവർ ഇനി എന്നാണ് അവർക്ക് സൺഡേ സ്കൂളൊക്കെ ആരംഭിക്കാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ചൊന്നും നമുക്കൊരു വ്യക്തതയില്ല എന്നാണ് നമ്മൾ ഒന്നിച്ചു കൂടാൻ കഴിയുന്നത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ ഞാൻ ഓർക്കുന്നത് അവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അതായത് ഒരു സൺഡേ സ്കൂളിൽ ഒരു കുഞ്ഞ് ഒരു ദിവസം വന്ന് അധ്യാപകനോട് ഇങ്ങനെ പറഞ്ഞു സാറേ സാറിവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഒത്തിരി ബൈബിളിലെ ഒത്തിരി വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒത്തിരി വാക്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ സത്യത്തിൽ എനിക്കിതൊന്നും എല്ലാ കാര്യങ്ങളും ഒന്നും ഓർത്തിരിക്കാൻ എനിക്ക് എനിക്കതിനുള്ള കഴിവില്ല അല്ലെങ്കിൽ ഈ വാക്യങ്ങളെല്ലാം ഇനി എൻ്റെ മനസ്സിൽ നിൽക്കുകയില്ല അതുകൊണ്ട് സാറ് ദൈവത്തെ വിചാരിച്ച് എല്ലാം ആകെത്തുക ഒരു മൂന്ന് കൊച്ചു വാക്കുകളിലൊന്നു പറയാമോ അതുപോലെ ഒരു കൊച്ചു വാക്യം അതിലീ കാര്യങ്ങളെല്ലാം സംക്ഷേപിച്ച് പറയാമോ എന്ന ചോദിച്ചു സാധാരണഗതിയിൽ അങ്ങനെ ഒരു കുഞ്ഞ് ചോദിച്ചാൽ അധ്യാപകനെ പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ കഥയിലെ അധ്യാപകന് അദ്ദേഹം വളരെ ദൈവികജ്ഞാനമുള്ള ആളായതുകൊണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു മോനെ നീ വിഷമിക്കേണ്ട ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് ഒന്ന് കോരിന്തേർ പതിമൂന്നിൻ്റെ പതിമൂന്ന് വായിച്ച് കേൾപ്പിച്ചു ഒന്ന് കോരിന്തേർ പതിമൂന്നിൻ്റെ പതിമൂന്ന് നമുക്കറിയാവുന്നതുപോലെ ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്നാണ് ആ വാക്യം അദ്ദേഹം പറഞ്ഞു കണ്ടോ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് വിശ്വാസം രണ്ട് പ്രത്യാശ മൂന്ന് സ്നേഹം അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ആറ്റിക്കുറുക്കി ഇതിനെ മൂന്ന് കൊച്ചു വാക്കുകളിൽ സംക്ഷേപിച്ചാൽ അത് വിശ്വാസവും പ്രത്യാശ സ്നേഹവുമാണ് അതുപോലെ നീ പറഞ്ഞതിൽ ഓരോ ഒരു വാക്യം മതിയെന്ന് പറഞ്ഞ ഇതിനേക്കാളും ചെറിയൊരു വാക്യമുണ്ടോ ഒന്ന് പൂരിന്തിർ പതിമൂന്നിൻ്റെ പതിമൂന്ന് ഈ മൂന്ന് കാര്യങ്ങളേയും മൂന്ന് വാക്കുകളെ ഇതിലുണ്ട് ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് പറഞ്ഞങ്ങ് അവസാനിക്കുക ഉടനെ കുഞ്ഞല്ലേ അവൻ ചോദിച്ചു ആട്ടെ സാറേ അത് വിശ്വാസവും പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇതിൽ വലുത് സ്നേഹമാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഉടനെ അധ്യാപകൻ പറഞ്ഞു മോനെ അതെന്താന്ന് വെച്ചാൽ വിശ്വാസവും പ്രത്യാശയുമൊക്കെ നമുക്ക് ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ മതി അതേസമയം സ്നേഹം എന്ന് പറയുന്നത് നിത്യതയിലുമുണ്ട് എന്നു വെച്ചാൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു സ്വർഗത്തിൽ ചെല്ലുമ്പം നമ്മൾ ആശിച്ചതെല്ലാം നമ്മുടെ കണ്ണിന് കൂടി കാണും പിന്നെ അവിടെ വിശ്വാസം ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ പ്രത്യാശ എന്ന് പറയുന്നത് കാണുന്നതിനായിട്ട് നമ്മൾ ഇനി പ്രത്യാശിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പം വിശ്വാസവും പ്രത്യാശയം എന്ന് പറയുന്നത് ഈ ഭൂമി വെച്ച് ആവശ്യം ഉള്ളതാ എന്നാ സ്വർഗത്തിൽ ചെല്ലുമ്പം പിന്നെ എല്ലാം നമ്മൾ കർത്താവിനെ മുഖാമുഖമായിട്ട് കാണും നമ്മൾ ഒന്നിച്ച സ്വർഗ്ഗത്തിലായിരിക്കും നമ്മൾ വിശ്വസിച്ചതും പ്രത്യാശിച്ചതും എല്ലാം നമ്മളവിടെ നേരിട്ട് കാണും അതുകൊണ്ട് പിന്നെ നമുക്കവിടെ എന്ത് വേണ്ട വിശ്വാസവും പ്രത്യാശയും വേണ്ട എന്നാലും സ്നേഹം വേണം കാരണം ദൈവം സ്നേഹം തന്നെയാണ് ദൈവം ഉണ്ടല്ലോ അതുകൊണ്ട് നിത്യതയിലും തുടരുന്ന ഈ മൂന്ന് കാര്യങ്ങളിലൊന്ന് സ്നേഹമായതുകൊണ്ടാണ് ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് അധ്യാപകൻ പറഞ്ഞു അപ്പൊ കുഞ്ഞു കുസൃതിയോടെ ഇങ്ങനെ പറഞ്ഞു എന്നാ ഞാന് സാറ് പറഞ്ഞ വാക്യത്തിനൊരു എൻ്റെതായ രീതിയിലൊരു ചെറിയ മാറ്റം വരുത്തി ഇങ്ങനെ പറയാം ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് നിലനിൽക്കുന്നു ഇവയിൽ ആദ്യത്തേതോ ഒന്നാമത്തേതോ വിശ്വാസം തന്നെ പ്രിയപ്പെട്ടവരെ കഥ ഇവിടെ തീരുക കഥ ഇവിടെ തീരുക നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ ഇന്നായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സത്യത്തിൽ നമുക്ക് ഇന്ന് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം വിശ്വാസമെന്ന കാര്യമാണ് കാരണം വിശ്വാസം ഇന്ന് വളരെ ശോധന ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സ്നേഹവാനായ ഒരു ദൈവം ബൈബിള് വെളിപ്പെടുത്തുന്നതുപോലെ ദൈവം സ്നേഹമാണെങ്കിൽ ആ സ്നേഹവാന സ്നേഹവാനായ ദൈവം എന്തുകൊണ്ടാണ് ഈ മഹാമാരിയും ഈ പടുമരണങ്ങളുമൊക്കെ അനുവദിക്കുന്നത് ഇത് വല്ലതും ഒരു ദൈവമുണ്ടോ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്നിങ്ങനെയുള്ള സംശയങ്ങളും ആളുകളുടെ മനസ്സിൽ പല ചോദ്യങ്ങളും ഒക്കെ ഇന്ന് ലോകത്ത് വളരെ വ്യാപകമായിട്ട് സമൂഹമാധ്യമങ്ങൾ വഴിയൊക്കെ പടർന്ന് ഇങ്ങനെ പോവുകയാണ് ഇതിൽ ചിലതൊക്കെ നമ്മളും ചിലപ്പോൾ കേൾക്കും അല്ലെങ്കിൽ നമ്മളും ചിലപ്പോൾ ചിന്തിക്കും ഇതിനൊരവസാനമില്ലേ ഈ ദൈവം സ്നേഹം എന്ന് പറയുന്നതൊക്കെ അങ്ങനെ തന്നെ കണ്ടോ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് അതാണ് പരീക്ഷിക്കപ്പെടുന്നത് കാരണം വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് പിശാചിനറിയാം ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതിനെ പ്രത്യാശയും സ്നേഹവും എല്ലാം നഷ്ടമായി പോകും ആ കുഞ്ഞ് കഥയിലെ കുഞ്ഞ് പറഞ്ഞതുപോലെ ആകയാൽ വിശ്വാസം പ്രത്യാശ ആ സ്നേഹം ഈ മൂന്ന് നില നിലനിൽക്കുന്നു ഇവയിൽ ആദ്യത്തേത് അല്ലെങ്കിൽ ഒന്നാമത്തേത് വിശ്വാസമാണ് അപ്പൊ ഒന്നാമത്തേ വിശ്വാസം തന്നെ നമ്മുടേത് പിശാചിനെ അപഹരിച്ച് കളയാൻ കഴിഞ്ഞാൽ പ്രത്യാശയും സ്നേഹവും എല്ലാം അതിനെ തുടർന്ന് നമുക്കില്ലാതെയാവും നമ്മളെ തീർത്തും പരാജയപ്പെടുത്തി കളയാം അതുകൊണ്ട് ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ പിശാച ഉന്നം വയ്ക്കുന്നത് നമ്മുടെ വിശ്വാസത്തെയാണ് നമ്മളെ വിശ്വാസത്തിൽ തളർത്തി കളയാനാണ് അവൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് നമുക്കിന്ന് വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കാം തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കഴിയുമെങ്കിൽ പ്രത്യാശയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഒന്ന് കോരിന്തേർ പതിമൂന്നേ പതിമൂന്നിൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് നിലനിൽക്കുന്നു ഇവയിൽ തുടങ്ങുന്നത് വിശ്വാസമാണ് നമ്മളെല്ലാം നമ്മൾ ദൈവത്തെ വിശ്വസിച്ചാണല്ലോ ഈ കാര്യത്തിലേക്കോ വന്നിട്ടുള്ളത് ക്രിസ്തീയതയിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കർത്താവിനെ വിശ്വസിച്ചാണ് രക്ഷയിൽ വിശ്വസിച്ചാണ് കർത്താവ് നമുക്കായിട്ട് രക്തം എന്നുള്ള കാര്യം വിശ്വസിച്ചാണ് നമ്മൾ വരുന്നത് എന്ന് മാത്രമല്ല തുടർന്നും മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസത്തിലാണ് നമ്മുടെ ജീവിതം അധിഷ്ഠിതമായിരിക്കുന്നത് നമ്മളെ നാട്ടുകാരും ലോകമനുഷ്യരും ഒക്കെ എന്ന് പറയാറുണ്ടല്ലോ നമ്മളും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസികളെന്ന് പറയാറുണ്ട് അപ്പോൾ വിശ്വാസം നമ്മുടെ നിലനിൽപ്പിൻ്റെ തന്നെ വളരെ ആധാരമായ കാര്യമാണ് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും രക്ഷയാകട്ടെ ഒരാൾ സ്നാനത്തിലേക്ക് സ്നാനജലത്തിലേക്ക് നടക്കുന്നു വിശ്വാസത്തിലാണത് രക്ഷ വിശ്വാസത്തിലാണ് പരിശുദ്ധാത്മ സ്നാനം ഈ കാര്യമൊക്കെ വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ എല്ലാ കാര്യവും ക്രിസ്ത്യ ജീവിതത്തിൻ്റെ മിക്ക കാര്യങ്ങളും അധിഷ്ഠിതമായിരിക്കുന്നത് അല്ലെങ്കിൽ അത് തുടങ്ങുന്നത് വിശ്വാസത്തിലാണ് അതുകൊണ്ട് പിശാജ് എപ്പോഴും വിശ്വാസത്തെ ഉന്നം വയ്ക്കും അതിൽ നിന്ന് നമ്മളെ മറിച്ച് കളയാനായിട്ട് ശ്രമിക്കും അട്ടെ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യമാണെന്ന് അറിയാമെങ്കിലും അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു ധാരണയുണ്ടോ ബർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പി കണ്ടോ അപ്പം നമുക്ക് വിശ്വാസം വേണ്ടത് ദൈവത്തിലാണ് വിശ്വാസം പലരും ദൈവത്തിലുള്ള വിശ്വാസം അവനവൻ്റെ ഉള്ളിലാണ് തിരയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ തിരയുമ്പം അവിടെ ചിലപ്പം വിശ്വാസമൊന്നും കണ്ടില്ലെന്നിരിക്കും ചിലർ പറയും ഞങ്ങൾ അത്രത്തോളം വിശ്വാസമുള്ള ആളുകളല്ല മറ്റു പലരെ പോലെയല്ല നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വിശ്വാസം തിരയുമ്പോൾ നമ്മുടെ വികാരത്തിലാണ് വിശ്വാസത്തെ തിരയുന്നത് എന്നാൽ അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാതെ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും അതിൻ്റെ ഇരുപത്തി വാക്യം ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ ഇരുപത്തിനാലാം വാക്യവും നമുക്ക് അങ്ങനെ പറയും യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് ദൈവത്തിൽ വിശ്വസിപ്പി നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിലാണ് നമുക്ക് നമ്മൾ ദൈവവചനം വെളിപ്പെടുത്തിയിട്ടുള്ള ദൈവം ആ ദൈവം എന്താ ഏഹ് വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ദിശയുമാകുന്നു എബ്രഹർ പതിനൊന്നിൻ്റെ ഒന്നാമത്തെ വാക്യം അങ്ങനെയാ പറയുന്നത് അതുപോലെ തന്നെ പതിനൊന്നിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ അപ്പോൾ നോക്കുക കണ്ടോ പതിനൊന്നിൻ്റെ ആറിൽ പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് ദൈവത്തിൽ വിശ്വസിക്കണം അതുപോലെ ആ ദൈവം തന്നെ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കണം ഇതാണ് സത്യത്തിൽ വിശ്വാസമെന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ് ഈ ലളിതമായ കാര്യത്തെ നമ്മുടെ ഇച്ഛ വെച്ച് പിൻപറ്റുന്നതിന് പകരം നമ്മൾ പലരും നമ്മുടെ ഹൃദയത്തിലും വികാരത്തിലും വിശ്വാസം നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് നോക്കി ഓ എനിക്കങ്ങനെ തോന്നുന്നില്ല ഞാൻ വലിയ വിശ്വാസമുള്ള ആളല്ല എന്ന് നിരാശപ്പെട്ടു പോകാനായിട്ടുള്ള ഇടയുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ സംഭവിക്കരുത് ഈ കാലഘട്ടത്തിൽ പിശാജ് വിശ്വാസത്തെ ഉന്നം വെക്കുന്നു നമുക്ക് വിശ്വാസമുണ്ട് നമുക്ക് ദൈവമുണ്ട് എന്ന് നമുക്കറിയാം ദൈവത്തെ അന്വേഷിക്കുന്ന നമുക്ക് ദൈവം പ്രതിഫലം തരുമെന്ന് നമുക്കറിയാം അത് അതാണ് വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ ലളിതമാണെന്നാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു തോന്നലിൽ നമുക്കങ്ങനെ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ തോന്നലിലും വികാരത്തിലും ഒക്കെ അല്ല നമ്മൾ വിശ്വാസത്തെ അന്വേഷിക്കേണ്ടത് മറിച്ച് ദൈവം തന്നെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് നിലയിലാണ് ദൈവം തന്നെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് ആ നമ്മൾ പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോ നമ്മൾ കാണുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു അപ്പോ ഈ പ്രകൃതിയിലൂടെ ദൈവം തന്നെ തന്നെ ഈ പ്രകൃതി ഇത്രയും രാവിലെ സൂര്യൻ ഉദിക്കുന്നു കൃത്യത്തിന് അസ്തമിക്കുന്നു ഭൂമി അതിൻ്റെ ആ കൃത്യമായിട്ട് കറങ്ങുന്നു ആ നിലയില് കാര്യങ്ങള് മഴക്കാലവും മഞ്ഞുകാലും എല്ലാം മാറി മാറി വരുന്നു ഇതെല്ലാം കാണിക്കുന്നത് ഇതിനെ നിയന്ത്രിക്കുന്ന പ്രകൃതിയുടെ പിന്നിൽ ഇതിൻ്റെ സൃഷ്ടാവായ ദൈവമുണ്ടെന്നാണ് അത് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ പത്തൊൻപതാം സങ്കീർത്തനത്തിന്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ദൈവത്തിൻ്റെ വചനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് യഹോയുടെ ന്യായപ്രമാണം തികവുള്ളത് യഹോയുടെ സാക്ഷ്യം യഹോയുടെ ആജ്ഞ യഹോയുടെ കൽപ്പന എന്നെല്ലാം അവിടെ പറയുന്നു യഹോയുടെ ആജ്ഞകൾ നേരുള്ളവാ അവ യഹോയുടെ സാക്ഷ്യം വിശ്വാസ്യം യഹോയുടെ ന്യായപ്രമാണം തികവുള്ളത് ഇവയൊക്കെ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ തിരുവഴുത്താണ് ദൈവത്തെ കുറിച്ചുള്ള കൂടുതൽ വെളിപ്പാട് തരുന്നത് അതുപോലെ തന്നെ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ യോഹനാന്റെ സുവിശേഷം ഒന്നാമധ്യായും പതിനെട്ടാമത്തെ വാക്യത്തിൽ ദൈവത്തെ ആരും ഒരു കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു കണ്ടോ കർത്താവായി യേശു ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് മൂന്ന് കാര്യങ്ങൾ ദൈവം ഉണ്ടെന്നുള്ളതും ദൈവത്തിൻ്റെ പ്രത്യേകതകളും വെളിപ്പെടുത്തുക ഒന്ന് ഈ പ്രകൃതി തന്നെ ദൈവത്തെ വെളിപ്പെടുത്തുന്നു രണ്ട് ദൈവവചനം ബൈബിള് ദൈവത്തിൻ്റെ പ്രത്യേകതകൾ ദൈവത്തിൻ്റെ സ്നേഹം ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് കർത്താവായി യേശു കർത്താവ് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്കുള്ളത് ബൈബിളിൽ നിന്ന് കർത്താവിനെ കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ബോധ്യം അത് ശരിയാണ് എന്ന് നമ്മൾ അങ്ങ് ഉറച്ച് നമ്മുടെ ഇച്ഛവെച്ച് ആ കാര്യം ശരിയാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ദൈവത്തെ അന്വേഷിച്ചാൽ മതി അത്ര ലളിതമാണ് വിശ്വാസം മനസ്സിലായോ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പ്രകൃതിയിൽ വെളിപ്പെടുത്തി ദൈവവചനത്തിൽ വെളിപ്പെടുത്തി കർത്താവായി യേശു ക്രിസ്തുവിൽ കാലത്തേക്ക് വെങ്കിൽ വെളിപ്പെടുത്തി അപ്പം നമ്മളേതായാലും ദൈവവചനത്തോട് അടുത്ത് വന്നിട്ടുണ്ട് കർത്താവിനെ നമുക്കറിയാം ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള കർത്താവ് നമുക്കുള്ള ആ വെളിപ്പാട് അവയെല്ലാം ശരിയാണ് എന്ന് നമ്മൾ അങ്ങനെ വിശ്വസിച്ച് ആ ദൈവത്തെ അന്വേഷിച്ചാൽ മതിയെന്നാണ് എബ്രായർ പതിനൊന്നിൻ്റെ ആറിനെ നമ്മുടേതായ ഒരു തലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും ഏത് ദൈവം ഓ തിരുവഴുത്തിലൂടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവം ആ ദൈവത്തെ നമ്മൾ അന്വേഷിക്കണമെന്നും നമ്മളങ്ങ് നമ്മുടെ ഹൃദയം വെച്ച് ഇച്ഛ വെച്ച് അതങ്ങ് വി അത് മുന്നോട്ട് അങ്ങ് പോയാൽ മതി അല്ലാതെ നമ്മൾ നമ്മുടെ വികാരത്തിൽ ഇത് തിരഞ്ഞ് ഹൃദയത്തിൽ നോക്കി ഉള്ളിലേക്ക് നോക്കി നിരാശപ്പെടേണ്ട ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരുന്നാൽ മതി വിശ്വാസം എന്ന് പറയുന്നത് വളരെ ലളിതമായ കാര്യമാണ് നമ്മൾ അതിനെ സങ്കീർണമാക്കി തീർക്കരുത് എന്ന് പറയാനായി ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ വിശ്വാസത്തിൽ നമ്മൾ വർധിച്ചു വരാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസത്തെയാണ് പിശാജ് ഉന്നം വെക്കുന്നത് അതുകൊണ്ട് ഉള്ള വിശ്വാസം എങ്ങനെയെങ്കിലും ചോർന്നു പോകാതെ സൂക്ഷിച്ച് നിന്നാൽ പോരാ മറിച്ച് എന്തു വേണം നമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം അങ്ങനുണ്ടെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിനെതിരെ പിശാജ് കൊണ്ടുവരുന്ന പരീക്ഷകളെ അതിജീവിച്ച് വിശ്വാസമുള്ളവരായിട്ട് ഈ മഹാമാരിയുടെ കാലഘട്ടത്തെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും ചിലരെ സംബന്ധിച്ചിടത്തോളം ഉള്ളവെങ്കിലും ഈ കാര്യത്തിൽ ജാഗ്രതയില്ലാത്ത സാധാരണ മനുഷ്യരിൽ പലരും ഒരു ഈ മഹാമാരിയൊക്കെ കഴിയുമ്പം അവർക്ക് ദൈവത്തിൽ നേരത്തെയുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടവരായിട്ട് ഈ പടുമരണങ്ങളും ഈ നിലയിലുള്ള മഹാമാരിയുടെ ദുരന്തങ്ങളും ഒക്കെ കണ്ട് വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം നമുക്കത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് നമുക്ക് എവിടെ വരെ എത്താൻ കഴിയും രണ്ട് പത്രോസ് ഒന്നാമധ്യായം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നോക്കുക അവിടെ പത്രോസ് ചിലത് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എവിടെ വരെയാണ് എത്തുന്നത് സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളി കണ്ടോ രണ്ടു പത്ര ദിവസം ഒന്നിൻ്റെ അഞ്ചു മുതൽ ഏഴ് വരെ ചിലത് കൂട്ടാൻ പറഞ്ഞപ്പം അത് തുടങ്ങുന്നത് എവിടാ വിശ്വാസത്തിലാ തുടങ്ങുന്നത് അവസാനിക്കുന്നത് എവിടാ സ്നേഹത്തിൽ അവസാനിക്കുന്നത് ഒന്ന് കൊരിന്തർ പതിമൂന്ന് പതിമൂന്നും വിശ്വാസത്തിലാ തുടങ്ങുന്നത് സ്നേഹത്തിൽ അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളെ ആ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും ഒക്കെ കൂട്ടി വിശ്വാസം മുതല് വിശ്വാസത്തിൽ ആരംഭിച്ച് സ്നേഹത്തിൽ അവസാനിക്കുന്ന ആ ഒരു വർദ്ധിച്ചു വരുന്ന ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ വയ്ക്കണം നമ്മളിവിടെ നോക്കുക നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഏഴ് കാര്യങ്ങളെങ്കിലും നമുക്ക് വളരെ വേഗത്തിൽ ചിന്തിക്കാം അത് ബൈബിള് വെളിപ്പെടുത്തുന്നത് വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യാം കുറയുകയും ചെയ്യാം ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞു കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ കർത്താവതിനെ അംഗീകരിച്ചു ശരിയാണ് വിശ്വാസം വർദ്ധിക്കാനൊക്കും ആ വിശ്വാസത്തിൻ്റെ അളവ് കൂടി വരാനൊക്കും അപ്പം അതുകൊണ്ട് നമുക്ക് വിശ്വാസം വർധിക്കണം വിശ്വാസം വർധിക്കാനായിട്ട് നമ്മൾ വളരെ വേഗത്തിൽ ദൈവജനത്തിൽ പലയിടത്ത് കിടക്കുന്ന ചില വാക്യങ്ങൾ നോക്കിയാൽ നമുക്കൊരു ഏഴ് കാര്യങ്ങൾ അക്കമിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഒന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള സംശയത്തെ പുറത്താക്കണം രണ്ട് കർത്താവിലേക്ക് തിരിയണം മൂന്ന് താഴ്മ അത് നമുക്ക് നിരന്തരമുണ്ടാവണം നാല് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്ന മറുപടികളെ നമ്മൾ ഓർക്കണം അഞ്ച് വിശ്വാസത്തിൽ വർദ്ധിച്ചു വരാനായിട്ട് നമ്മളെ ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കണം ആറ് നമ്മുടെ ഉള്ള വിശ്വാസം പ്രവർത്തിയിൽ വെളിപ്പെടുത്താൻ ദൈവം ആവശ്യപ്പെട്ടാൽ നമ്മൾ അതിന് തയ്യാറാവണം ഏഴ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് നമ്മളെ ക്ഷമയോടെ കാത്തിരിക്കണം ആ നിലയില് ദൈവസന്നിധിയിൽ കാത്തിരിപ്പ് വേണം ഇങ്ങനെയുള്ള ഒരു ഏഴ് കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം ഒന്നാമത് സംശയത്തെ പുറത്താക്കുക യാക്കോബിൻ്റെ ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ ആറ് ഒന്നാമധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒന്നാമധ്യായത്തിൻ്റെ അതിൻ്റെ യാക്കോവിൻ്റെ ലേഖനം ഒന്നാമധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിനിൽ നിന്ന് വല്ലത് ലഭിക്കും എന്ന് നിരൂപിക്കരുത് ഇരു മനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള മഹാമാരിയുടെ സമയത്തും പ്രതിസന്ധികളുടെ ഘട്ടത്തിലും വിശ്വാസത്തിനെതിരായ സംശയം വരാം വിശ്വാസത്തിനെതിരെ എപ്പോഴും സംശയമാണ് അങ്ങനെയുള്ള സംശയങ്ങളെ നമ്മൾ എന്ത് വേണം നമ്മൾ പുറത്താക്കണം ഹൃദയത്തിൽ നിന്ന് പുറത്താക്കണം അല്ലാതെ സംശയത്തെ നമ്മൾ താലോലിക്കരുത് സംശയത്തിൻ്റെതായ വാക്കുകൾ നമ്മൾ ആ നിലയിൽ അതിനെ നമ്മുടെ ഹൃദയത്തിൽ താലോലിച്ചുകൊണ്ട് നടക്കരുത് നമ്മൾ സംശയത്തെ പുറത്താക്കുന്നവരായിരിക്കണം മത്തായി എഴുതിയ സുശേഷം ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോടെ യാചിച്ചാലാണ് അതിന് മറുപടി കിട്ടുക ഏ കർത്താവ് തന്നെ പറഞ്ഞതാണ് മലയോട് നീങ്ങി കടൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കും വിശ്വാസം കൊണ്ടേ നടക്കുകയുള്ളൂ അതുകൊണ്ട് സംശയത്തെ പുറത്താക്കണം സംശയിച്ചുകൊണ്ടും നമ്മൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ നടക്കുകയില്ല എന്നാണ് മത്തായി ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ കർത്താവ് വ്യക്തതയോടെ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ സംശയങ്ങൾ പൊങ്ങി വരുമ്പോൾ അതൊരു വിശ്വാസിക്കുള്ളതല്ല സംശയം ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ നടത്തിപ്പുകളെയും സംശയിക്കാൻ പിശാജി പ്രേരിപ്പിക്കുമ്പോൾ നമ്മളതിനെ പുറത്താക്കി കളയും ആ സംശയം വിശ്വാസിക്കുള്ളതല്ല എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് അതിനെ പുറത്താക്കുന്ന ജാഗ്രതയുള്ളവരായിരിക്കണം ഈ കാര്യമാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കുക രണ്ടാമത് നമ്മൾ ജീവിതത്തിൻ്റെ രംഗങ്ങളിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോകുമ്പോൾ നമ്മൾ എന്ത് വേണം ഉടനെ കർത്താവിലേക്ക് തിരിയുന്നവരായിരിക്കണം എബ്രായർ കെഴുതിയ ലേഖനം അതിൻ്റെ പന്ത്രണ്ടിൻ്റെ രണ്ടാമത്തെ വാക്യം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി യേശുവിനെ നോക്കുക ഇത് നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു രംഗത്ത് മാത്രം പോരാ നമ്മളിന്ന് ദിനംതോറും നടക്കുമ്പോൾ പലപ്പോഴും ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം കുറഞ്ഞു തോന്നുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇച്ഛവച്ച് കർത്താവിലേക്ക് തിരിയണം രണ്ട് കോരിന്തീർ മൂന്നിൻ്റെ പതിനാറ് കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും അവിശ്വാസത്തിന്റെ മൂടുപടം കർത്താവിലേക്ക് തിരിയുമ്പോൾ നീങ്ങിപ്പോകും കർത്താവ് ആത്മാവാകുന്നു കർത്താവിലേക്ക് എങ്ങനെയാണ് തിരിയാൻ കഴിയുന്നത് നമ്മൾ ബോധപൂർവം നമ്മുടെ ഇച്ഛ വെച്ച് ദൈനംദിന ജീവിതത്തിൽ നിരന്തരം അത് നമ്മുടെ ഒരു ശീലമായി കൊണ്ടിരിക്കണം കർത്താവിലേക്ക് തിരിയുക മൂന്നാമത് താഴ്മയോടെ കർത്താവിനെ നിരന്തരം ആശ്രയിക്കുക ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരെ കർത്താവിൻ്റെ അടുത്ത് എന്ന് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണേ എന്നൊക്കെ പറയുന്നതിനെ തുടർന്ന് കർത്താവ് അതിന് പറയുന്ന ഒരു ഉപമ നമ്മൾ നോക്കുക അവിടെ യജമാനൻ താനെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ അതേവരെ അധ്വാനിച്ചുകൊണ്ടിരുന്ന ആ ദാസനോട് അവനോട് നീ അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക എന്ന് അവനോട് ആവശ്യപ്പെടും അവന് അങ്ങനെ ചെയ്തതിന് അവനൊട്ട് നന്ദി പറയുക അവനോട് നന്ദി പറയുകയില്ല ആ ദാസന്റെ മനോഭാവമുള്ളവരായിരിക്കണം നമ്മൾ കണ്ടോ ആ യജമാനെ വീട്ടിൽ അവന് രാവിലെ മുതൽ അധ്വാനിച്ചു പക്ഷെ യജമാനൻ വന്നപ്പോൾ അവൻ യജമാനെ ശുശ്രൂഷിക്കുകയാണ് അവനെ ഒരു നന്ദി പ്രതീക്ഷിക്കുന്നില്ല ഒടുവിൽ അവൻ പറയുന്നത് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ അങ്ങനെ ഒരു താഴ്മയിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിലേ നമുക്ക് താഴ്മയോടെ നിന്നാൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് വർധിക്കൂ എന്നാണ് ആ ഭാഗം പതിനേഴാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒന്നിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയും ഇതുപോലെ തന്നെ ഒരു വിധവ ന്യായാധിപൻ്റെ അടുത്ത് നിരന്തരം പോകുന്നതിനെക്കുറിച്ചാണ് വായിക്കുന്നത് ന്യായാധിപൻ അവളുടെ ആവലാതി കേട്ടില്ല പക്ഷെ വിധവ ഇടറി പോകാതെ പിന്നെയും പിന്നെയും തന്നെ തന്നെ താഴ്ത്തി എളിമയോടെ ന്യായാധിപൻ്റെ മുൻപിൽ പോയി ഒടുവിൽ ന്യായാധിപൻ അവൾക്ക് നീതി നടത്തി കൊടുത്തു എന്നിട്ട് ആ ഭാഗം പറഞ്ഞിട്ടും കർത്താവ് ആ ഉപമ പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് അവിടെയും വിശ്വാസത്തോട് ചേർത്താണ് പറയുന്നത് എന്നാൽ മനുഷ്യ പുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞാണ് പതിനെട്ടിൻ്റെ എട്ടില് ആ ഉപമ അവസാനിപ്പിക്കുന്നത് അപ്പം വിശ്വാസത്തോട് ചേർത്തും ഈ വിധവയുടെയും ന്യായാധിപൻ്റെയും കഥ പറയുന്നു അതിന് തലേ അധ്യായത്തിൽ ചേർത്ത് ആ യജമാനന്റെയും ദാസൻ്റെയും കഥ പറയുന്നു വിധവയും ദാസനും നിരന്തരം നിരന്തരം അവർ തങ്ങളെ തന്നെ താഴ്ത്തി ആ യജമാനെ സേവിച്ചു അല്ലെ ന്യായാധിപൻ്റെ മുൻപില് പോയിക്കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളും നമുക്ക് താഴ്മയോടെ കർത്താവിനെ നിരന്തരം ആശ്രയിച്ചാൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കൂ എന്നുള്ളതാണ് ലൂക്കോസ് പതിനേഴിലെ ആ സംഭവവും ലൂക്കോസ് പതിനെട്ടിലെ ആ സംഭവവും നമ്മളോട് പറയുന്നത് എന്ന് ആ ഭാഗങ്ങൾ ഹൃദയപൂർവം നമ്മൾ ചേർത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അടുത്തതായിട്ട് നാലാമത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്ക് തന്ന മറുപടികളെ നമ്മൾ ഓർക്കുകയും അതിനെ അനുസ്മരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഞാൻ നൂറ്റിമുപ്പത്തി ആറാം സങ്കീർത്തനം ഓർക്കാറുണ്ട് നൂറ്റിമുപ്പത്തി ആറാം സങ്കീർത്തനം വളരെ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് അവിടെ മിശ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന് അവൻ്റെ ദയ ഉള്ളത് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ചവന് അവൻ്റെ ദയ ഉള്ളത് ചെങ്കടലിനെ വിഭാഗിച്ചവന് അവൻ്റെ ദയെന്നേക്കുമുള്ളത് കണ്ടോ അവിടെയെല്ലാം മിസ് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ടുവന്ന വഴിയിൽ ദൈവം അവർക്ക് കൊടുത്ത പലതരത്തിലുള്ള മറുപടികളും അവരെ നടത്തിയ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങളെയുമാണ് അവിടെ നന്ദിയോടെ ഓർക്കുന്നത് കർത്താവിനെ നമ്മൾ നേരത്തെ എബ്രാഹിർ പന്ത്രണ്ടിൻ്റെ ഒന്ന് രണ്ടോ വാക്യങ്ങളിൽ വായിച്ചത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി ഫിനിഷർ അവിടുന്ന് ഓഥറാണ് ഫിനിഷറുമാണ് അതുകൊണ്ട് കർത്താവ് ആ നിലയിൽ നമുക്ക് കാര്യങ്ങളെല്ലാം അവിടുന്ന് പൂർത്തിയാക്കും പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ആ മറുപടികളെ നമ്മൾ നന്ദിയോടെ ഓർക്കണം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കാറുണ്ടല്ലോ അവിടെ വായിക്കുന്നത് സങ്കീർത്തനത്തില് പലപ്പോഴും വായിക്കുന്നത് അവൻ അവൻ തന്ന ആ മറുപടികളെ നമ്മൾ മറന്നു പോകരുത് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് കഴിഞ്ഞ കാലങ്ങളിൽ അവൻ നടത്തിയ വിധങ്ങളെ നമ്മൾ ഓർക്കണം ആറ് കഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു ഏഴാമത്തേതിലും തിന്മ നമ്മളെ തൊടുകയില്ല കണ്ടോ ഏഴാമത്തെ കഷ്ടത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് പക്ഷേ അവൻ തിരിഞ്ഞു നോക്കി പറയുക ആറ് കഷ്ടങ്ങളിൽ നിന്നെ വിടുവിച്ചു നമ്മളെ ദാവീതിൻ്റെ കാര്യം ഓർക്കുക ശവുലിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ശവുലി ചോദിച്ചു നിനക്ക് ഈ ഗോലിയാത്തിനെ നേരിടാൻ കഴിയുമോ അവൻ ഉടനെ തിരിഞ്ഞു നോക്കി അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം തന്ന മറുപടികളെ അവൻ ഓർക്കുക ഒരു സിംഹത്തോടും കരടിയോടും ഞാൻ ഏറ്റുമുട്ടി അന്ന് ദൈവം എന്നെ സഹായിച്ചു ആ ദൈവം ഈ ഗോലിയാത്തിൻ്റെ മുമ്പിലും എന്നെ സഹായിക്കും പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദൈവം നമുക്ക് തന്ന മറുപടികളെ നമ്മൾ ഓർക്കുക അവിടുന്ന് കഴിഞ്ഞ അത് ചെയ്തെങ്കിൽ അവിടുന്ന് നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നവനുമാണ് നടത്തിയ വിധങ്ങളെ ഓർക്കുക അതിനെ ഓർത്ത് നമ്മളെ ധൈര്യപ്പെടുക നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥന കേട്ടതയും എത്ര അത്ഭുതമായിട്ട് നടത്തി നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ നടത്തി ആ കാര്യങ്ങൾ ഓർക്കുക അതിനെ ഓർത്ത് ഓർക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് പറയാനുള്ളത് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴിൻ്റെ അഞ്ചിലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് വായിച്ചു മത്തായി എഴുതി സുവിശേഷം ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യാച്ചാലും മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തിനാലിൽ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു അപ്പൊ കണ്ടോ വിശ്വാസം വർധിക്കാനായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ആറാമതായിട്ട് നമ്മുടെ പ്രവർത്തിയിൽ ഈ വിശ്വാസം വെളിപ്പെടുത്തണമെന്ന് ദൈവം ആവശ്യപ്പെട്ടാൽ നമ്മൾ അതിനും തയ്യാറുള്ളവരായിരിക്കണം യാക്കോവിൻ്റെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം യാക്കോവിൻ്റെ ലേഖനം രണ്ടാമധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ വിശ്വാസം പ്രവർത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജ്ജീവമാകുന്നു വിശ്വാസം നിഷ്ഫലം പ്രവർത്തിയാൽ വിശ്വാസം പൂർണ്ണമാകുന്നു കണ്ടോ വിശ്വാസം പൂർണ്ണമാകുന്നത് പ്രവർത്തിയാലാണ് അതുകൊണ്ട് ദൈവം ചിലപ്പോഴ് ചില കാര്യങ്ങളിൽ ഒരു പ്രവർത്തിക്കാനായിട്ട് പറഞ്ഞാൽ നമ്മളത് പ്രവർത്തിക്കുന്നതോടെ നമ്മുടെ വിശ്വാസം വർധിക്കുകയാണ് ചെയ്യുന്നത് വിശ്വാസം വർധിക്കാനുള്ള ആ വിധങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത് ഒന്ന് നമ്മൾ സംശയത്തെ പുറത്താക്കണം രണ്ട് കർത്താവിലേക്ക് തിരിയണം മൂന്ന് താഴ്മയുണ്ടാകണം നാല് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം തന്ന ആ മറുപടികളെ നമ്മൾ ഓർക്കണം അഞ്ച് നമ്മൾ പ്രാർത്ഥിക്കണം വിശ്വാസത്തിനായി പ്രാർത്ഥിക്കണം ആറ് പ്രവർത്തിയിൽ വെളിപ്പെടുത്താൻ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ അതിനും തയ്യാറായിരിക്കണം അത് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രവർത്തിയിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ് കൂടുതൽ വർദ്ധിക്കാൻ ദൈവം ഇടയാകും അതുപോലെ തന്നെ ഏഴാമതായിട്ട് പറയാനുള്ളത് ക്ഷമയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കണം ദൈവീകമായ ഏത് കാര്യത്തിനും ക്ഷമ വളരെ ആവശ്യമാണ് യോഹനൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായത്തിൽ ലാസറിൻ്റെ കല്ലറയിലെ കർത്താവ് എത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു ഈ കല്ല് മാറ്റാൻ പറഞ്ഞു പക്ഷെ മാർത്ത പറഞ്ഞു കർത്താവ് നാറ്റം വെച്ച് തുടങ്ങി നാല് ദിവസമായല്ലോ അപ്പോൾ അവളെ നാല് ദിവസമായി പ്രതീക്ഷയെ അസ്തമിച്ചു കർത്താവ് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നീ ക്ഷമയോടെ വിശ്വസിച്ച് കാത്തു നിന്നാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നാണ് കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ക്ഷമയോടെ ഉടനെ പ്രാർത്ഥിച്ചു ഉടനെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മനസ്സ് ചഞ്ചലിച്ച് പോകരുത് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം എബ്രായർ ലേഖനം പതിനൊന്നാം അധ്യായം വിശ്വാസത്തിൻ്റെ അധ്യായം ആ അധ്യായത്തിൽ പലരുടെയും പ്രാർത്ഥനകൾക്കും മറുപടി ലഭിച്ചു എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ തന്നെ ലോകം വിട്ടു പോകേണ്ടി വന്ന ചിലരുടെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് പതിനൊന്നാം അധ്യായം അതിന്റെ പതിമൂന്നാം വാക്യം ഇവർ എല്ലാവരും വാഗ്ദത്ത പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിച്ചു ചിലർക്ക് വാഗ്ദത്ത ഇവിടെ വെച്ച് ലഭിച്ചു പക്ഷെ ചിലരെ ഇവിടെ വെച്ച് അത് ലഭിച്ചില്ല പതിനൊന്നിൻ്റെ മുപ്പത്തൊൻപത് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല അവർ വാഗ്ദത്ത പ്രാപിച്ചില്ല പ്രിയപ്പെട്ടവര് ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം അവിടുത്തെ ഹിതത്തിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക അവിടുന്ന് ഇവിടെ വെച്ച് നമ്മൾ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് അത് തരും അതിനായി ക്ഷമയോടെ കാത്തിരിക്കുക ഇല്ല നമ്മൾ വാഗ്ദത്ത പ്രാപിക്കാതെ വിശ്വാസത്തിൽ മരിക്കുകയാണ് വേണ്ടതെങ്കിലും നമ്മൾ എബ്രാഹർ പതിനൊന്നിൽ കാണുന്ന ആളുകളെ പോലെ അങ്ങനെ ആ നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം അപ്പോൾ കണ്ടോ വിശ്വാസം ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണെന്നാണ് നമ്മൾ പറഞ്ഞത് വിശ്വാസം അതിലാണ് തുടക്കം വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ ഒന്നാമത്തേതോ വിശ്വാസം തന്നെ നമ്മുടെ വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു ഈ കാലഘട്ടത്തിൽ അത് ചോർന്നു പോയിട്ടുണ്ടോ ചോർന്നു പോകാതിരിക്കാൻ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കണം വിശ്വാസം വർദ്ധിപ്പിക്കാൻ സംശയത്തെ പുറത്താക്കണം കർത്താവിലേക്ക് തിരിയണം താഴ്മ വേണം കഴിഞ്ഞ കാലങ്ങളിലെ മറുപടികളെ ഓർക്കണം പ്രാർത്ഥന ആവശ്യമാണ് പ്രവൃത്തിയിൽ വെളിപ്പെടുത്തണം ക്ഷമയോടെ കാത്തിരിക്കണം ഈ നിലയിൽ മുന്നോട്ട് പോയാൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിശ്വാസം ചോർന്നു പോകാതെ ഈ കാലഘട്ടത്തിൽ വിശ്വാസമുള്ളവരായിട്ട് നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കും ദൈവം നോക്കുമ്പോൾ ഓ ഇത്ര വലിയ വിശ്വാസം വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ദൈവം ഈ കാലഘട്ടത്തിൽ ഇടയാക്കട്ടെ അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവനാമം മഹത്തപ്പെടുവാറാകട്ടെ